ു യജ്ഞർമ്മസമുദ്ഭവം അഗ്നി ചയനസമുദ്ഭവമാണ് ഭംഗിയായി വർണ്ണിച്ചിട്ട് അർജുനോട് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞതൊന്നും ആത്മതുഷ്ടന്മാരുടെ കാര്യമല്ല അതിനു മുമ്പുള്ളവരുടെ ആ ഗീതാശ്ലോകത്തിൻ്റെയും ഈ ചാന്തൂക്യത്തിൻ്റെയും മധുരോദാരമായ മാറ്റൊലി ഗുരുദേവന്റെ ഈ ശ്ലോകത്തിൽ കാര്യകാരണ പടലങ്ങളെ അപഗ്രഹിക്കുന്നിടത്ത് ഭംഗ്യന്തരേണ കാണപ്പെടുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം ഗുരുദേവൻ ഇവിടെ പറഞ്ഞത് വളരെ ഗംഭീരമായി കാര്യവും കാരണവും അവിടെ കാര്യം എന്ന് പറയുന്നവ കങ്കണം ഗുടം ഇവയെല്ലാം കാര്യമായ തരംഗം ജലത്തിൽ നിന്ന് അന്യമായില്ല അതാ ഇവിടെ ഉദാഹരണമായി പറഞ്ഞത് തരങ്കിയിൽ തരംഗം എന്നിവ കാര്യത്തിൽ കാരണസത്തയല്ലാതെ ഒന്നുമില്ല ദൃശ്യ പദാർഥൌസ്ത പരസ്പരവിലും ദൃഗ്ബ്രഹ്മ ദൃശ്യം മായേധി സർവവേദാന്ത എന്ന് ശങ്കരൻ ശങ്കയില്ലാതെ പറയും ദൃക്കും ദൃശ്യവും രണ്ടാണ് പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങളായ രണ്ട് അവ പരസ്പരം വിലക്ഷണങ്ങളാണ് അവയിൽ ദൃക്കു ബ്രഹ്മവും ദൃശ്യമായത് സമ്പൂർണ്ണ വേദാന്ത ശാസ്ത്രത്തിന്റെ ഡിൻഡിമയാണ് ഉദ്ഘോഷണമാണ് എന്നിട്ട് അതിനെ ഉദാഹരിക്കാൻ ഈ പറഞ്ഞ ചാന്തോകൃ സന്ദായകമായ സത്യത്തെ ഉദ്ഘോഷിക്കാൻ മൂന്നാമത്തെ ശ്ലോകം പറഞ്ഞു ഒപ്പിക്കാൻ പറഞ്ഞല്ലേ തുടക്കത്തിൽ ഞാനങ്ങനെ പറഞ്ഞല്ലേ മൂന്നെണ്ണം തീർത്ഥരാവുമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാനൊരല്പം സ്പീഡ് കാണിച്ചത് വാക്ക് സത്യമാകണമെന്നുള്ളത് നിർബന്ധമാണ് മുമ്പ് പറഞ്ഞ പോലെ തീർക്കുമെന്ന് പറഞ്ഞില്ല പക്ഷെ മൂന്നെണ്ണം തീർക്കാം ശ്രമിക്കാം തീർക്കും എന്നൊക്കെ രണ്ടു മൂന്ന് തലത്തിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അല്പം സ്പീഡ് കാണിച്ചത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചത് ക്ലിയറാണോ എന്ന് ചോദിച്ചത് ക്ലിയറാണോ ആവുമോ കാരണം അഗ്നിയാണ് ഇത് കേട്ടിട്ടിന്ന് പോയുള്ള ഹോമത്തിനൊക്കെ പോയി ചടഞ്ഞിരിക്കരുത് മനസ്സിലായില്ല ഇത് കേട്ടതിന് വിശ്വാസം കുറച്ച് പോയി അവിടെ പോയി ഇതെല്ലാം വാരിയിട്ടാല് കാര്യം ഉണ്ടഗ്നിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് നിഷ്കന്മഷമായിടാ പഠിക്കും അന്നിട്ടാൽ മതി െ എതിർത്ത് ഭഗവത്ഗീതയും ഉപനിഷത്തുകളുമൊക്കെ വ്യാഖ്യാനിക്കുന്ന ആചാര്യന്മാരൊക്കെ അത്ര തൃപ്തിയോടെ അല്ലെങ്കിലും സന്യാസ ദീക്ഷാവേളയിൽ അഗ്നിയിലിട്ടിട്ടുണ്ട് അതാണിതിന്റെ രസം ഇതിലെ ഏറ്റവും രസമുള്ള ഭാഗം അതാണ് അടുത്ത ശ്ലോകം വാസസ്തു തന്തുവിദു പഞ്ചിതാതിമൂലം വാസസ്തു സന്തുവിദു പഞ്ചിതാതിമൂല ഭൂതപ്രഘാതമിതു മോർക്കുകിപ്രകാരം ആദിമൂലഭൂതപ്രഘാതമിത് ഓർക്കുകി പ്രകാരം ഞാൻ ആദ്യം നിങ്ങളെ ചൊല്ലുന്ന പോലെ ചൊല്ലി രണ്ടാമത് മാറ്റി ചൊല്ലി മൂന്നാമത് അർത്ഥം പറയാതിരിക്കാൻ പാകത്തിന് ചൊല്ലി അതിലെ മൂന്നാമത്തെ രീതിയിലേക്ക് നിങ്ങൾ എത്തണം ആദ്യം നിങ്ങൾ ചൊല്ലുന്ന രീതിയിൽ ചൊല്ലി ഓർമ്മയുണ്ടാവും രണ്ടാമത് അതൊന്ന് മാറ്റിച്ചൊല്ലി മൂന്നാമത് ആ മാറ്റത്തിന്ന് നിങ്ങൾ ഉൾക്കൊണ്ട് മൂന്നാമത്തതിലേക്ക് എത്തിയാൽ അർത്ഥം നിങ്ങൾക്ക് പിരിഞ്ഞ് കിട്ടും വാസസ് പഞ്ഞീത് ആദിമൂലഭൂതപ്രഘാതമിത് ഓർക്കുകിൽ ഇപ്രകാരം അതിൽ പറയുമ്പോ വാസസ് തന്തുവിദ് പഞ്ഞീത് ആദിമൂലഭൂതപ്രഘാതമിതും ഓർക്കുകി പ്രകാരം ഈ സീരിയലുകളും റിയാലിറ്റി ഷോകളും വന്നുകൊണ്ടുവന്നൊരു വൈവിധ്യം മലയാളമേയില്ല അന്നത്താനൊരു പുസ്തകം വായിച്ച് പഠിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലായി അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാതസ്സു പോലെ പരമാവധി ബോധമത്രേ ആദിമൂലിതും ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു വാധസ്സു പോലെ പരമാവധി ബോധമത്രേ മുമ്പ് പറഞ്ഞ പ്രക്രിയ നന്നായി മനസ്സിലായെങ്കിൽ കാര്യം കാരണമെന്ന് രണ്ട് കാര്യത്തെ എടുത്ത് കാരണത്തിലെത്തുക കാര്യകാരണങ്ങൾ അപഗ്രഹിക്കുക ഇത് തുടങ്ങിയതിന്റെ ചരിത്രം പഠിച്ചാൽ വളരെ വിശേഷമാണ് ഇതിനൊരു ചരിത്രമുണ്ട് ഭാരതം ഈ ചരിത്രത്തിലൂടെ പോയിട്ടുണ്ട് ആദ്യം ഏറ്റവും ആദ്യം ത്രിവൃത്കരണത്തിൽ അഗ്നി അവിടെ നിങ്ങളോടുള്ള വളർച്ച ഇതിനെ പഠിച്ചുവന്ന വൈദികീ സുഖിയെ നിരാകരിച്ചുകൊണ്ട് അർദ്ധകാമങ്ങളെയുള്ളൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആ അർദ്ധകാമങ്ങളിലൂടെയുള്ള യാത്ര ആ അർദ്ധകാമങ്ങളിൽ ജീവിച്ചപ്പോൾ ആ അർദ്ധകാമങ്ങൾ കൊണ്ട് തൃപ്തി വരാതെ വന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് അതൃപ്തിക്ക് കാരണം എന്ന് തേടുന്നിടത്താണ് വസ്തുവിനെ അഴിക്കാൻ തുടങ്ങിയത് ന്മാർ ഭൂതഭൗതിക പ്രപഞ്ചത്തിന്റെ ഭൗതികാന്വേഷണത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ന്യായവൈശേഷികത്തിന്റെ സപ്രപഞ്ച പരിഗണനയെ അംഗീകരിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിലാണ് വൈദികീയായ ശ്രുതി അതിന് എതിരായി രൂപാന്തരപ്പെട്ട ചാരുവാക്ക് ബാർഹസ്പതീയ സൂത്രം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗപ്രവേശം ചെയ്ത ന്യായവൈശേഷികൾ പ്രപഞ്ചത്തിന്റെ കാരണമന്വേഷിച്ചു പോയത് സൂക്ഷ്മ സൂക്ഷ്മതരങ്ങളായ അണുക്കളിലേക്കാണ് പദാർത്ഥത്തെ അവഗ്രഹിച്ചു പോയത് വാക്കിന്റെ അതിസൂക്ഷ്മ തലങ്ങളിലേക്കാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണവും പറഞ്ഞത് ന്യായവും വൈശേഷികവും ന്യായവൈശേഷികങ്ങളുടെ അതിചാരുവായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് കാരണം കണ്ടുപിടിച്ചുവെന്ന് തോന്നുമ്പോഴും പ്രശ്നങ്ങൾ ബാക്കിയായിരുന്നു കാരണം ഏറ്റവും സൂക്ഷ്മമായി കണ്ടെത്തിയ അണുവും ഏറ്റവും കണ്ട സൂക്ഷ്മമായി കണ്ടെത്തിയ സർഗാണുവുമെല്ലാം ഒത്തു വളരെ ഉണ്ട് പറയാൻ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് എത്തുകയല്ലാത്തത് അല്പം സ്പീഡിൽ പോയാൽ അണു പരമാണു ധനാണു ഇറണാണു കർഷാണു കൃഷ്ണാണു സർഗാണു പര്യന്തം എത്തുമ്പോഴും അതിന്റെ ആകൃതി ഗോളാകൃതിയാണ് ഗോളാകൃതിയിലുള്ള മൂന്നെണ്ണം വീണ്ടും മൂന്നെണ്ണം അങ്ങനെ ചേർത്ത് വെച്ചാൽ എത്ര മൂമൂന്നെണ്ണം ചേരുവോ അതിന്റെ ഇടയിലെല്ലാം ഒരു സ്പേസ് അണു ഇല്ലാതുണ്ടാവും മനസിലാവുന്നറിയില്ല മനസിലായില്ല മൂന്ന് പന്ത് വെക്കുമ്പോ അതിൻ്റെ ഇടയിൽ ഒരു പന്ത് മുട്ടാത്തൊരു സ്ഥലം ഉണ്ടാവും അപ്പൊ അണുക്കളാലാണ് പ്രപഞ്ചമെന്ന് പറയുന്ന ആരംഭവാദം തെറ്റും കാരണം അണുവില്ലാത്തത് അണുക്കൾക്കിടയിലുണ്ട് കാര്യകാരണ പഠനങ്ങളെ അഴിച്ച ആരംഭവാദത്തിന്റെ പരിമിതിയെ മാറ്റിക്കൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് സാംഖ്യം ചെയ്തത് അവിടെയാണ് പഞ്ചീകരണവും ത്രിവൃക്കരണവും ഒക്കെ വരുന്നത് ആ ത്രിവർക്കരണത്തിൽ നിന്ന് അതിൻ്റെയും പരിമിതികളെ മാറ്റിക്കൊണ്ടാണ് വേദാന്ത ചിന്ത മീമാംസ്യമായി രംഗപ്രവേശം ചെയ്തത് ആ മീമാംസ്യമായ വേദാന്ത വിവർത്തവാദം രംഗത്തെത്തുന്നത് ആ വിവർത്തവാദത്തിനുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് ഗുരുദേവൻ പോകുന്നത് കഴിഞ്ഞതിൽ കാര്യ കാരണങ്ങളെ അവഗ്രഹിക്കുന്ന ചിന്തയാണ് കണ്ടതെങ്കിൽ അതെങ്ങനെ വിവർത്തമായി തീരുന്നുവെന്ന് വികസിപ്പിച്ച് കാണിക്കുകയാണ് ഈ ശ്ലോകം എങ്ങനെ അതിന്റെ ചരിത്രത്തിന്റെ ക്രമവികാസവും ഗുരുദേവന്റെ ചിന്തയിലുണ്ട് എന്ന് മറക്കാതെ അതുകൊണ്ടത് വളരെ ശ്രദ്ധേയമാണ് ആ ചിന്തയുടെ ക്രമാനുഗതമായ ചിന്തയുടെ പരിണാമം അതെങ്ങനെ ഒരു അനുഭൂതിയിലേക്ക് വികസിക്കുന്നുവെന്ന് ശ്ലോകാനുശ്ലോകം വിട്ടുപോകാതെ ധ്യാനാത്മകമായൊരു മനസ്സോടെ ഈ പ്രകരണ ഗ്രന്ഥം പഠിക്കണം വിട്ടൊഴിയാതെ ധ്യാനാത്മകത വേണം പാരമ്പര്യ സംവിത്തായ ഒരാചാര്യന്റെ ഹൃദയകമലത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം പഠിക്കാൻ ഇവിടെ വളരെ വ്യക്തതയോടെയാണ് പറയുന്നത് വാസസ് വസ്ത്രം വസ്ത്രം ഒട്ടുവളരെ രംഗങ്ങളിൽ നമുക്ക് പഠിക്കാനുണ്ട് വസ ആച്ഛാദനെ ആച്ഛാദനം ചെയ്യുന്നത് കൊണ്ട് വസ്ത്രം ആച്ഛാദനം ചെയ്യുന്ന ഈ വസ്ത്രം എന്താണ് തന്തു നൂല് മാത്രമാണ് നൂലാണ് വാസസ് തന്തുവിത് തോ പഞ്ഞി ഇത് ഇതുവെറും പഞ്ഞിയ ആ നൂല് പഞ്ഞിയാണ് ആ പഞ്ഞിയോ ആദിമൂലപ്രഘാതമിത് ആദിമൂലപ്രഘാതം പഞ്ഞിയാവണ്ടേ ആദികാരണമായ അന്നവും ജലവും അഗ്നിയുമാണ് അഥവാ പൃഥ്വി തേജോവായു ആകാശങ്ങളാണ് ആദിമൂല പ്രഘാതം പഞ്ചീകരണത്തിലെ അഞ്ചെണ്ണം पृथ्वी अप तेजस्वय आकाश तन्मात्र संघात प्रघात सोर्ख विचार अन्वय व्यतिरकूटे ദൃദൃശ്യങ്ങളുടെ പ്രത്യേകത രണ്ടാമതതിലെ കാര്യകാരണ പഠനങ്ങൾ മൂന്നാമതെ മൂലമന്വേഷിച്ചുള്ള യാത്രയിൽ ഇപ്രകാരം ഓർക്കിൽ ഇപ്രകാരം നോക്കിയാൽ സ്മരിച്ചാൽ ഇപ്രകാരം വേർപെടുത്തി ചിന്തിച്ചാൽ ബോധത്തിൽ നിന്ന് വിലസുന്നു ബോധമെന്ന ഏക കാരണത്തിൽ നിന്ന് നാനാതരം വിശേഷരൂപങ്ങളോടുകൂടി ലസിക്കുന്നത് പ്രകാശിക്കുന്നത് മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് ബോധ്യമാവും ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളായി ക്രമാൻ അവയും പുനരുറ്റു നോക്കിയാൽ അവഭാസിക്കും അഖണ്ഡബോധമായി നിത്യാനന്ദ ദീർഘഭാവ ഭഗവത് ദർശനം വാഴൂരാശ്രമത്തിന്റെ പഴയ മഠാധിപതിയായിരുന്ന വിദ്യാനന്ദ തീർത്ഥവാദര് ആറന്മുള അമ്പലത്തിൽ പോയിരുന്ന ആറന്മുളയപ്പനെ കണ്ടുകൊണ്ടെഴുന്ന അയികൃഷ്ണ ഭവത് സ്വരൂപമൻ നയനങ്ങൾ കതിദൂരമെങ്കിലും ഞാൻ നിന്നെ കാണുന്ന എന്റെ ഉള്ളിലാണ് ഇരുവൃത്തികൾ തന്നിടേക്ക് മുറ്ററിവിൻമിരിക്കാൻ കാരണം മറയോരിടയത്വം അങ്ങയിൽ പരികൽപ്പിച്ചത് യുക്തി യുക്തമാണ് രണ്ടു വൃത്തിക്കിടയിൽ ഇരിക്കുന്നവനായതുകൊണ്ട് വൃത്തിയാകുന്ന പശുക്കളെ മേയ്ക്കുന്നവനാകയാൽ അങ്ങിടയനാണെന്ന് പറഞ്ഞത് നല്ല യുക്തിപൂർവമാണ് ഇങ്ങനൊരു കവിതയുണ്ട് അതിലദ്ദേഹം പറയുന്നതാണ് ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളായിക്രമാൽ അവയും പുനരുറ്റുനോക്കിയാൽ അവ സുഭാസിക്കും അഖണ്ഡബോധമായി അതുകൊണ്ട് അദ്ദേഹം പറയും ഞാൻ ദേഹമല്ല കരണങ്ങളുമല്ല രാഗോന്മാദം കലർന്ന മനമല്ല മനീഷയല്ല ദേവ ഞാൻ തവ ിദ്ഘനാരൂപത്രേ അനുഭൂതി സമ്പന്നന്മാരായ ആചാര്യന്മാർ ശങ്കരനത് പറയുക വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം വലിപ്പമോ വിശ്വത്തിന്റെ എത്രത്തോളം വരും ഇത് അത്തരം വരെയൊക്കെ നിങ്ങളുടെ ചിന്തകന്മാരൊക്കെ കഷ്ടിച്ചെത്തും ചിത്വിലാസം എത്രയോ അത്രയും ബോധം എത്രയോ അത്രയും എന്നർത്ഥം അപ്പൊ ഇവിടെയും പ്രപഞ്ചം ബോധമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു വസ്ത്രം നൂലാണ് നൂല് പഞ്ഞിയാണ് പഞ്ഞി ഓർക്കുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങളാണ് ഇപ്രകാരം ഇഴവിലിച്ചോർത്താൽ ബോധമെന്ന ഏക നിന്നും നാനാതരം വിശേഷരൂപങ്ങളോടുകൂടി ലസിക്കുന്നത് പ്രകാശിക്കുന്നത് മാത്രമാണ് പ്രപഞ്ചമെന്ന് ബോധ്യമാവും അതിന്റെ വലിപ്പം ചിന്മാത്ര വിസ്താരിതം ശങ്കരൻ അങ്ങനെയാ പറഞ്ഞത് എത്ര വലിപ്പമുണ്ട് ഈ ലോകത്തിന് ചിന്മാത്ര വിസ്താരിതം അത്ര ആ ബോധത്തിൽ വിലസുന്നു എങ്ങനെ എങ്ങനെയെന്നും പറഞ്ഞു മരുസ്ഥലത്തു ബാധസ്സു പോലെ പരമാവധി ബോധമാത്രേ ആ ചിന്മാത്ര വിസ്താരിതും അതിന്റെ സമന്വയ ബിന്ദു വാതസ് മരുഭൂമിയിലെ കാണൽ ആ ജലപ്രവാഹം പോലെയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബോധമല്ലാതെ വേറിട്ട് പ്രപഞ്ചമില്ല മരുഭൂമിയിലെ കാനൽ ജലമില്ലാത്തതാണ് അതുപോലെ ബോധത്തിലുണ്ടാകുന്ന ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് അല്പം പോലും ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് പരമാവധി ബോധമത്രേ അപ്പൊ ഏതാണ്ട് വേദാന്ത പ്രകരണത്തിന്റെ ഏതാണ്ടൊരറ്റം എത്തിനോക്കാൻ ഇത് സഹായകമായി പൂർത്തിയാക്കാൻ പറ്റിയില്ല മൂന്നാം ശ്ലോകവും പൂർത്തിയാക്കാൻ പറ്റിയില്ല എങ്കിലും പൂർത്തിയാക്കുന്നതിനുള്ളൊരു ഓട്ടപ്രതിക്ഷിണത്തിൽ പൂർത്തിയാക്കി വിഷമിക്കണ്ട ഭാരതം രത്നഗർഭയാണ് കാതുകുത്തിയവന്മാർ വന്നുപോയാൽ കടുക്കരിട്ടവന്മാർ വരും അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പിന്നാലെ വരുന്നവർ എന്നെക്കാൾ സമർത്ഥന്മാരായിരിക്കും അതിലെനിക്ക് ഒരു കാലത്തും ശങ്കയുണ്ടായിട്ടില്ല പാരമ്പര്യ വിജ്ഞാനത്തിന് എപ്പോഴെങ്കിലും മൂനം തട്ടിയാൽ ഞാൻ വരുമെന്ന് മഹാനുഭാവനായ ആദിമ ആചാര്യൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് യോഗം പ്രോക്തവാൻ അഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനവിക്ഷാകേ പ്രവീ ഏവം പരമ്പരാപ്രാപ്തമിമം രാജശ്രയോ വിധു സകാലേഹ മഹതായുതു നഷ്ടപരന്ത പണ്ടി ഞാൻ സൂര്യന് പറഞ്ഞുകൊടുത്തത് സൂര്യൻ പുത്രനായ മനുവിന് പറഞ്ഞുകൊടുത്തത് മനുവിക്ഷാകുവിന് പറഞ്ഞുകൊടുത്തത് കാലാന്തരത്തിൽ നഷ്ടമായത് പുനഃപ്രഘോഷണം ചെയ്യുന്നതിന് തന്നെയാണ് അർജുന ഞാൻ ഈ വന്നത് ശേഷിയും ശേഷുഷിയുമുള്ള ആ ആദിമ സത്യത്തിന് ഏത് രൂപത്തിലും നാളെ അതുകൊണ്ട് തന്നെ ഇതറിയാതെ പോവില്ല ഇതറിയാതെ മോക്ഷവുമില്ല അതുകൊണ്ട് തന്നെ അവതാര രഹസ്യത്തെ വരെ കൃത്യമായി ഇവർ വെളിച്ചത്ത് കാണിച്ചു കൊടുത്ത ആ മഹാനുഭാവനായ നിങ്ങളുടെ ആശ്രയദാതാവായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ വാദാന്തികത്തിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹാരത്തിലേക്ക് കൊണ്ടുപോകുന്നു എൻ്റെ വാക്കുകളിലെ ശൈലീ ഭംഗങ്ങൾ എൻ്റെ തെറ്റുകൾ ഞാൻ പറഞ്ഞതിലെ പോരായ്മകൾ നാളെ ഈ സത്യം നിങ്ങൾക്ക് കരഗതമാകുന്നൊരു സമയത്ത് ഞാൻ പറഞ്ഞത് പോരാ എന്ന് എവിടെയെങ്കിലും തോന്നിയെങ്കിൽ അതെന്റെ പോരായ്മ എന്റേതു മാത്രം അതിനുള്ള നിങ്ങളുടെ ഭർശനങ്ങൾ എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിലെ വേദാന്ത പ്രക്രിയയും നന്മയും പൂർണ്ണമായും എന്റെ പൂർവാചാര്യന്മാരുടേതാണ് അതിനുള്ള നിങ്ങളുടെ നമസ്കാരങ്ങൾ അവരുടെ വാദാന്തികത്തിലായിരിക്കട്ടെ എന്ന് ഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഹരി